പറയുക ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാരാണ് അതോ കേൾവിക്കും കാഴ്ചയ്ക്കും അധികാരം നൽകിയതാരാണ് മരിച്ചവരിൽ നിന്ന് ജീവനുള്ളവനെ പുറത്തുകൊണ്ടുവരുന്നതും ജീവനുള്ളവരിൽ നിന്നും മരിച്ചവനെ പുറത്തുകൊണ്ടുവരുന്നതുമാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ് അവർ പറയും അള്ളാഹുസുബാനഹു അറ്റാരാ പറയുക എങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയില്ലേ